അടുത്ത അഥ അഷധൂരേസിഭ്യം സപുണം നിരൂപയത് ആചസത്യലോകാ ജാസ്വ മയസ് വിപരിവർത്തമാനക്ഷണ മുഹൂർത്താമ അഹോരാത്രർമാസ മാസത്തു വയന വത്സര യുഗ ചുരുഗ മന്ധര പ്രളയ മഹാപ്രളയ മഹാസർഗാന്തരസർഗ സംസാരസാഗര ഊർമിഭ അനി സംഹ്യമാനം താപത്രയപരീതമാത്മാനം ജീവലോകം അവിലോകംസാരമണ്ഡലേ അനിത്യ അശുചിദുഃഖാത്മകം പ്രസംഗർത്ത തോ അസൃശാന് നിവലക്ഷണിമുത്ര പ്രസംഗം ഇത് അതില് ഞാൻ വായിച്ചോളൂ പ്രസംഖ്യാനം അതോ ലക്ഷണാസ്യ ഏതാദശ നിത്യാനിത്യ വസ്തുവിവേക ലക്ഷണം പ്രസംഖ്യാനപ്പിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്താണ് ചോദിച്ചത് അത് ഞാൻ വിശദീകരിച്ചുണ്ടോ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു േരിക്കർ നാഗാർജുനാണ് പ്രധാനമായ ശ്രീനിവാ ഇന്ത്യ ഏറ്റവും വലിയ ദാർശനികൻ ശങ്കരാചാര്യനല്ല നാഗാർജുനനാണ് രാമാനുജനല്ല നാഗാർജുനനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്തുകൊണ്ട് നാഗാർജുനൻ ദാർശനീയനാകുന്നു അന്ന് സയൻസേ ഇല്ല പിന്നെ എങ്ങനെയാ സയന്റിഫിക്കായിട്ട് എക്സ്പ്ലൈൻ സയൻസ് ഉണ്ടായിട്ട് പത്തിരുന്നൂറ് കൊല്ലമയാണ് ഇത് കോമൺ ഇറക്കി അതായത് ക്രിസ്തുശേഷം രണ്ടാം നൂറ്റാണ്ടിലോ നാല് നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന സയൻസ് യൻസിന്റെ പ്രാകൃത രൂപങ്ങളേ ഉള്ളൂ സയൻസി സയൻസ് എന്ന് പറയുന്ന അവന്റെ ശൈശവം എന്ന് പോലും പറയാൻ പറ്റില്ല മാഗ്നറ്റ് ഒക്കെ അവന് എന്തറിയാമായിരുന്നു മനുഷ്യന് കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടറിയായിരുന്നു മാഗ്നറ്റ് അറിയാൻ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് മനുഷ്യൻ മാഗ്നറ്റ് കൃത്രിമമായി കണ്ടുപിടിച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിസം ആ ഇലക്ട്രോ മാഗ്നറ്റിസിലൂടെ മാഗ്നറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കാൻ തുടങ്ങിയത് അത് വളരെ പിൽക്കാലത്തായി പിൽക്കാലത്ത് മാഗ്നറ്റ് എന്ന് പറയുന്നത് പണ്ടേ കാരണം അത് പ്രകൃതിയിലുള്ള സാധനമാണ് അത് വിദേശത്ത് പറയുന്ന ഒരു കഥ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ വാട്ടിടേന്മാർ അവര് ഇടിച്ചു നടക്കുന്ന വടി അതിന്റെ അറ്റത്ത് തേഞ്ഞു പോകാതിരിക്കാൻ ഒരു ഇരുമ്പ് ചുറ്റിടുകയായിരുന്നു അവരിങ്ങനെ ഈ ഒരു മുന വെക്കുമായിരുന്നു ഈ മുന ചില പാറകളിൽ ചെന്ന് ഇടിച്ചപ്പോഴത്തേക്കും വലിച്ചെടുക്കുമ്പോ ഒരു പ്രയാസം അപ്പൊ അവര് മനസ്സിലാക്കി ഇവിടെ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി അവരങ്ങനെ മാഗ്നറ്റ് തിരിച്ചറിഞ്ഞു ഇതൊരു കഥ മാത്രമാണ് ഇന്ത്യയിൽ നമ്മുടെ ഈ പല ശാസ്ത്രങ്ങളിലൊക്കെ വളരെ പഴയ കാലത്ത് തന്നെ കുറിച്ച് പറയുന്നു പഴയ മഹാഭാരതത്തിലോ അതിനു മുമ്പേ ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കുറിച്ച് പറയുന്നു കാരണം അത് പ്രകൃതി കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിസം ഫാരിടയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളെന്ന് വേർക്കറിയത്രേ ഉള്ളു നാഗാർജുനെ ഞാൻ പറഞ്ഞ എല്ലാം പറയണം വീണ്ടും പറയണം വീണ്ടും പറഞ്ഞു പറഞ്ഞ എന്റെ എന്തുകൊണ്ട് ശങ്കരാചാര് ശ്രദ്ധ കറക്റ്റ് അതാണ് എന്റെ ശരിയായത് ശങ്കരാചാര്യൻ ബാക്കി വന്ന ആൾക്കാർ എല്ലാവരും എന്താണ് അവരുടെ സിദ്ധാന്തങ്ങൾ അവരും ഇവിടെ ഈ റാഷനാലിറ്റി ഉപയോഗിക്കും പക്ഷെ അവസാനം ഇവിടെ ചെന്നിക്കും ഇതി ശ്രുദ്ധി അവിടെ അവരത് ഉപേക്ഷിക്കും നാഗാർജുനന് അങ്ങനെ ഒരു പരിപാടിയല്ല നാഗാർജുന അവസാനം വരെ അത് പറയും പറഞ്ഞിട്ട് പറയും ഇക്കാര്യമാണ് ബുദ്ധൻ പറഞ്ഞതെന്നും പറയും പക്ഷെ ബുദ്ധൻ പറഞ്ഞത് കൊണ്ട് അത് ശരി അങ്ങനെയല്ലെന്ന് നാഗാർജുന എന്റെ യുക്തിയിലൂടെ ഞാൻ പറയുന്ന കാര്യം ശരിയാണ് ബുദ്ധൻ തൻ ഇത് ബുദ്ധൻ പറഞ്ഞതുമാണ് എന്ന് പറയുക അതിന്റെ വ്യത്യാസം അവര് പറയാ ശ്രുതിക്കനുസരിച്ചുള്ള തർക്കം ശ്രുതി മത ശ്രുതി മത തർക്ക തർക്കോനുസന്ധിയ കാര്യം കാര്യം പറഞ്ഞത് ശരി തന്നെയാണ് സംസ്കൃതം ശ്രുതിമതർക്കോല് ശ്രുതിമതർക്കോന് സന്ധി പറഞ്ഞ കാര്യം ശരി തന്നെയാണ് സംസ്കൃതത്തിന്റെ പ്രശ്നം ഇപ്പൊ ശ്രുതിക്ക് ശ്രുതിയുടെ സിദ്ധാന്തത്തിന് അനുകൂലമായ തർക്കമായി പ്രയോഗിക്കാവും ഇദ്ദേ ശ്രുതി അംഗീകരിക്കുന്നില്ല വിട്ടുപോയതല്ല ആ വിട്ടുപോയെന്നായിരുന്നു അതായത് ഈ വേദം എന്ന് പറയുന്ന ഈ ഏർപ്പാടനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നുള്ളത് മനസിലായ നാഗാർജുന അംഗീകരിക്കുന്നില്ല എന്നുവച്ച ഇന്നത്തെ സനാതനധർമ്മവാദികൾ പറയുന്ന എന്താണ് വേദം എന്ന് പറയുന്നതിലാണ് എല്ലാ സയൻസും അടങ്ങിയിരിക്കുന്നത് ഈ വേദം പാശ്ചാത്യ ജർമ്മനി മോഷിച്ചോണ്ടുപോയി അവിടെ നിന്നാണ് അവരെ അണുബാമിന്റെ സിദ്ധാന്തം കണ്ടുപിടിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ എത്രയോ യൂട്യൂബ് വീഡിയോകൾ കേൾക്കാൻ പറ്റും സനാതനധർമ്മത്തെ വാഴത്തുന്നു ടെക്നോളജി ഉണ്ടായിക അങ്ങനെ പുഷ്പങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഈ ഇതൊക്കെ വായിക്കണം ഇവിടെ നാഗാഡിൽ എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന ഒരു ദാർശന്യനോട് ജീവിച്ചിരുന്നു ആ ദാർശനികൻ വേദത്തെ അംഗീകരിച്ചേ ഇല്ല ചവറുപോലെ തള്ളിക്കളഞ്ഞാണ് എന്നൊന്നും ഇവർക്കറിയത്തില്ല അറിഞ്ഞ അറിഞ്ഞെന്ന് അടിക്കത്തില്ല അതുകൊണ്ടാണ് ശങ്കരാചാർക്ക് ഇത്രയും വലിയ ദേഷ്യം എന്താണോ ശൂന്യവാദി പറഞ്ഞത് അതിനെപ്പോലും ഇവിടെ തെറ്റിച്ചു പറയുന്നു അറിയാൻ മതിയാത്ര സംസ്കൃതം അറിയാത്തതുകൊണ്ടാണ് ഒരേ ഒരു സന്ദർഭത്തിൽ പറയുന്ന ബുദ്ധമെന്നത് ഞാൻ പഠിച്ചിട്ടില്ല ശ്രോണി വെച്ചാണെന്ന് തോന്നുന്നു ഏതോ ഒരു സംഭാഷണം ഞാൻ പഠിച്ചിട്ടില്ല നമ്മളൊക്കെയാണെങ്കിൽ പറയും വലിയൊരു അഭിപ്രായം ഗുരുവിന് ബുദ്ധനെ കുറിച്ച് അറിഞ്ഞുവിടുന്നില്ല എന്റെ അർത്ഥം ബുദ്ധന്റെ സദുപദേശങ്ങളും ബുദ്ധന്റെ ജീവിതവും എല്ലാ കാര്യങ്ങളും അറിയാം അറിഞ്ഞുടുന്നുണ്ട് അർത്ഥമാക്കുന്നു ഈ ബുദ്ധന്റെ അനുയായികൾ ഉയർത്തിയ തർക്കവിതർക്കങ്ങൾ അതൊരു സബ്ജക്റ്റായി പഠിച്ചില്ല എന്നാണ് ഗുരു പറഞ്ഞത് ബുദ്ധന്റെ ആശയം അറിയില്ല എന്നുള്ള ഇപ്പൊ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ടോന്ന് പറയും അതുപോലെ കെമിസ്ട്രി പഠിച്ചതെന്ന് വെച്ചാ എന്താ പറയും അതുപോലെ പറഞ്ഞോന്നുള്ള പിന്നെ ഇന്ന് ആൾക്കാർ പറയും ഗുരു പറയുന്ന ബുദ്ധന്റെ ആശയമാണ് എന്ന് പറഞ്ഞാല് ഭാഗികമായ ശരിയുണ്ട് ബുദ്ധൻ അഹിംസ പറഞ്ഞു ഗുരു അഹിംസ പറയുന്നു ഗുരു സംഘം ശരണമെന്ന് പറഞ്ഞു അല്ല ബുദ്ധൻ ഗുരു പറഞ്ഞ ധർമ്മസംഘം എന്ന് പറഞ്ഞു ഇങ്ങനെ കേരള സമാനതകളുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ബുദ്ധനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതാണ് ശൂന്യവാദികൾ ശൂന്യ സത്യമായി സ്വീകരിക്കുന്നത് ഇത് മഹാഅസംബന്ധമാണ് തികച്ചും അസംബന്ധം അങ്ങനെ ഒരു പരിപാടി ഇല്ല നാഗാർജുന ഒരിടത്തും പറയുന്നില്ല സ്വഭാവം അല്ലെങ്കിൽ സത്യം അതിനെ നിരാകരിക്കാന്നുള്ളതാണ് പിന്നെ നാഗാർജുനന്റെ പണി ആത്മാവ് സത്യമല്ല പ്രപഞ്ചത്തിൽ ഈ ഒന്നും തന്നെ സത്യമുണ്ടാവും സത്യം അങ്ങനെ ഒന്നില്ല ഇതാണ് എന്നിട്ട് ശൂന്യ സത്യം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ഈ പറയും നാഗവരുജനം പറഞ്ഞെന്ന് പറഞ്ഞു പറയുന്നു എന്താ ഇത് ഇതേ പരിപാടി തന്നെ എന്താണ് ഇതാണ് ഈ പൗരോഹിത്യ കുതന്ത്രം എന്ന് പറയുന്നത് ചാർവാകന്മാരെ കുറിച്ചും കാരണം ഈ ചാർവാകന്മാർമാരെന്ന് പറയുന്നത് ഈ ഈ ബുദ്ധമതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് അതേ ചിന്ത ഇവിടെ ഈ പ്രതീത്യസമുത്പാദം എന്ന് പറയുന്നത് നാഗാജു പറയുന്ന എന്താണ് പലതും കൂടിച്ചേർന്ന് നിലനിൽക്കുന്നതേ ഇവിടെ ഉള്ളു കാരണം ഞാൻ കഴിഞ്ഞ സുധാകരൻ പറഞ്ഞല്ലോ ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ അവയവങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് അതല്ലാതെ രഥം എന്ന് പറഞ്ഞൊരു സാധനമില്ല മനുഷ്യ ശരീരവും സർവവും സംഘാതം പഞ്ചസ്കന്ധം രൂപം വിജ്ഞാനം സംസ്കാരം രൂപം സംജ്ഞ വിജ്ഞാനം സംസ്കാരം അഞ്ച് സ്കന്ധങ്ങൾ ഇതുകൂടി ചേർന്നാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത് സംസ്കാരം ഇങ്ങനെ ഒരു ദീപത്തിലെ ഒരു കണികയെ തുടർന്ന് അടുത്ത കണിക വരുന്നത് പോലെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരം അതൊരു വസ്തുവല്ല അതൊരു പ്രോസസ്സാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഒരു ദീപത്തിലെ ഒരു കണിക കഴിഞ്ഞ അടുത്ത കണിക ഉണ്ടാവുന്നു ഏതെങ്കിലും കണിക സ്ഥിരമാണ് അതുപോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസ്കാരം വേദന സുഹതുങ്ങളുടെ അനുഭവം സുഖതുക്കനുഭവം സജ്ഞ നാമം വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയാർത്ഥ സന്നിവേഷം കൊണ്ടുണ്ടാകുന്നു ഞാന് രൂപം എന്ന് പറയുന്നത് ശരീരം ഇന്ദ്രിയങ്ങളിൽ തന്നെ ഈ വസ്തുക്കളല്ല േദന വിജ്ഞാനം സപ്ഞ സംസ്കാരം എല്ലാമൊന്നാ സംസ്കാരം രൂപം വേദന വിജ്ഞാനം സപ്ഞ സംസ്കാരം പിന്നെ രൂപം പിന്നെ ഇതിനെ തന്നെ പിന്നെ വിവരമാക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനിച്ച് വലുതാകുന്നുണ്ട് ഇതിന് ചുരുക്കി ഞാൻ പറഞ്ഞാണ് ഈ രൂപം എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിനാല് തത്വങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പറഞ്ഞു വെച്ചിട്ടാണ് ഇന്ന് ഇതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യന്റെ വിജ്ഞാനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വിഭജനങ്ങളൊന്നും ഒരർത്ഥം പണ്ടങ്ങനെ പഞ്ചസ്കന്ധം എന്ന് പറഞ്ഞു അതൊന്നിരുന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിച്ചിട്ടു കാര്യം പൊതുവായ അനുഭവം വെച്ച് ഈ അഞ്ചെണ്ണം നമുക്ക് മനസ്സിലാക്കും ഇത്രയാണ് ഇത് കൂടി ചേർന്നിരിക്കുന്നതാണ് ഞാൻ അല്ല ഇത സ്ഥായിട്ടൊന്നുമില്ല സ്വഭാവം എന്ന് പറയുന്ന ഒന്നില്ല സ്വഭാവത്തിനെയാണ് സത്ത എന്ന് പറയുന്നത് സത്ത അങ്ങനെ ഒന്നില്ല എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെയാണ് നദി എന്ന് ഒഴുക്ക് അതിന്റെ കണികകളല്ലാതെ നദി എന്ന് പറയുന്ന ഒന്നെന്താണ് അവിടെയാണ് നാഗാരുജനും പറയുന്ന ആവിദ്യം ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീപനാളം കണ്ടിട്ട് നമ്മൾ പറയണ ഒരു നാളം എന്ന് പറയുന്നുണ്ട് ഇതാ ഒരു നാളം ഒഴിയിൽ കൊണ്ടിരിക്കുന്ന കണികകളെ കണ്ടിട്ട് നമ്മൾ പറയുന്നത് ഇതാ ഒരു നദി എന്ന് നമ്മളുടെ ആ റിയുന്നുണ്ടല്ലോ ഇതാണ് അവിദ്യ അപ്പൊ ഈ അവിദ്യ കൊണ്ടാണ് ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ ഒഴുക്ക് പഞ്ചസ്കന്ധങ്ങളുടെ ഈ ഒഴുക്ക് എല്ലാം എന്താണ് ഈ പഞ്ച സ്കന്ധത്തിൽപ്പെടുന്നതാണ് ഇതൊക്കെ സ്ഥായിയാണെന്ന് നമുക്ക് തോന്നുന്നു നീ മേശ ഇവിടെ സ്ഥിരമായിരിക്കുന്നു നമുക്ക് തോന്നുന്നു അത് അതാണ് അവിദ്യ അങ്ങനെ തോന്നുന്നു കാരണം ഇതെല്ലാം എന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കോണ്ടംസിക്സ് പറയുന്ന കോണ്ടം ഫിസിക്സ് ഫൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ പേര് കേട്ടിട്ടുണ്ടോ ഫൈമാൻ കേട്ടിട്ടുണ്ടോ ഫൈമാൻ പറയുന്ന കോണ്ടം ഫിസിക്സിന്റെ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞ ഈ കോണ്ട ഫീസ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഇതുവരെ ഇന്ന് വരെ ആരും മനസ്സിലാക്കിട്ടില്ല ആർക്കും അറിയില്ലന്നാണ് പെർമനും അറിയില്ലെന്ന് പറഞ്ഞ താല്പര്യം അറിയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് ഇന്റർപ്രട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം മനസിലായ പിന്നെ അതിന്റെ ചില ഫിനോമിനകൾ ആൾക്കാർ അത് ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നു അതിന്റെ ചില ഭാഗങ്ങൾ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഒരു ക്വാണ്ടം മെക്കാനിസം അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്നുള്ള ആ സയൻസിനെ മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് അത് ഇന്റർപ്രട്ട് ചെയ്യാൻ പറ്റില്ല മനസിലായ സൂപ്പർ പൊസിഷൻ ഒരു ആശയത്തെക്കുറിച്ച് പറയുകയാണ് പാർട്ടിക്കൽ ഡിവാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളെ പൂർണമായി വിശദീകരിക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ചില ആശയങ്ങൾ എടുത്തുകൊണ്ട് ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ ചില കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ാഗാർജ്ജനമായിട്ടൊരു ബന്ധമില്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ ഒന്നാമോ പെർമനന്റ് ആയിട്ടൊന്നും എവറിഥി മൂവിങ് അർത്ഥം വരുമ്പോ അതൊന്നും അതൊന്നും പറയാൻ പറ്റില്ല എനർജി മേഖലയിലല്ല ഒന്നാമത് ഈ പഴയ ഇവർക്ക് ഊർജം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നില്ല ശങ്കരാചാര്യ ബാക്കി വരുന്ന ഇവർക്ക് ആർക്കും തന്നെ എനർജി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടേ ഇല്ല ഏഹ് അവർക്ക് എനർജിക്ക് പകരം അവർക്കൊരു കാഴ്ചപ്പാട് ശക്തി മനസ്സിലായോ അപ്പൊ എനർജി എന്ന് പറയുന്നത് ൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് തന്നെ മാറ്റർ മാറ്റർ തന്നെയാണ് എനർജി അത് ഒരാൾക്ക് എനർജി അറിഞ്ഞുകഴിഞ്ഞാൽ മാറ്ററിനെ അറിയാം മാറ്ററിനെ അറിഞ്ഞ എനർജി അറിയാം അപ്പൊ ഇന്നത്തെ മാറ്ററിനെ കുറിച്ചോ ഇന്നത്തെ എനർജിയെ കുറിച്ചോ പഴയ ഒരു വിവരമില്ലായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയും അതിനെ കുറിച്ചോ അല്ലെങ്കിൽ കോണ്ടം ഫിസിന് കുറിച്ചോ ഇവർക്ക് യാതൊരു ധാരണയും അവർക്കുണ്ടായി പക്ഷെ ഈ ആർഷ സനാതനവാദികൾ കിടന്ന് പറയും ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്ന ചുമ്മാ പറയും പൊങ്ങച്ചം പറയും അതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം പഴയ കാലത്ത് അവർക്കുണ്ടായിരുന്ന പറയുന്നത് ശക്തി ശക്തി എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവർക്ക് അത് തർക്കി ശക്തി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു താർക്കിക വിഷയമാണ് അഗ്നി എടുത്തു ദയിപ്പിക്കുന്ന എന്താണ് അഗ്നിയിലിരിക്കുന്ന ഒരു ദാഹക ശക്തി അഗ്നിയിൽ ഒരു ശക്തിയുണ്ട് വസ്തുക്കളെ ദഹിപ്പിക്കാൻ മനസിലായോ അതെന്താണ് ചെടൂറി അത് അഗ്നിയിൽ നിന്ന് ചെറുകുറിയത് അതിനിന്ന് അഭിന്നമാണ് ചെറുപുറിയത് ഭിന്നമെന്നോ അഭിന്നമെന്ന് പറയാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് അതിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയണെങ്കിൽ അതേ അദ്വൈതമായ അവിദ്യ അല്ലാതെ അതിന് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ ഊർജ സിദ്ധാന്തമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോഴത്തെ സിദ്ധാന്തമായിട്ട് ബന്ധമില്ലെങ്കിൽ അതിന് ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ പറയുന്ന ഊർജം എന്നുവെച്ചാൽ ന്യൂട്ടനും മറ്റും പറയുന്നു ഫോൾസ് ആക്സലറേഷൻ ഊർജം എന്നൊക്കെ പറയുന്ന അതുമായിട്ടോ കോണ്ടം മെക്കാനിക്സിലെ കോണ്ടം കണികകൾ അതുമായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല ഇത് എന്താണ് ഒരു അബ്ട്രാക്ട് ഐഡിയ എന്നുവെച്ചാൽ ഒരു അവ്യക്തമായൊരാശയം മാത്രമാണ് ഈ ശക്തി എന്ന് പറയുന്നത് എന്താണ് അത് ശക്തി ഇപ്പൊ പാത്രം ഉണ്ടാക്കുന്നവന് കുലാലനം എന്ന് പറയും എന്തുകൊണ്ട് കുലാലനം പാത്രം ഉണ്ടാകും അവനിലൊരു ശക്തിയുണ്ട് എനിക്കെന്തുകൊണ്ട് പാത്രം ഉണ്ടാക്കാൻ വഴിയില്ല എന്നിൽ ആ ശക്തിയില്ല ഇപ്പോൾ കുലാലിന് ചിന്തിക്കുന്ന ഈ ശക്തി അങ്ങനെ ഒന്നുണ്ട് ഒരു ധാരണയാണ് ഒരു ഐഡിയ ആണ് എന്താണ് ഈ ശക്തി അത് കുലാലിൽ നിന്നും വേറെയല്ല വേറെ ആളുകളല്ല അത് കുലാലിൽ നിന്ന് വേറെയാണ് അത് വേറെയല്ലെന്നോ വേറെയാണെന്നോ പറയത്തിൽ പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള തർക്കങ്ങളിലാണ് ഇവർ പോകുന്നത് എന്താണ് ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല അവർ ചിന്തിക്കുന്ന ശക്തി കുലാലനിൽ നിന്ന് ഭിന്നമാണോ അതോ കുലാലനാണോ ഇങ്ങനെയുള്ള താർക്കിക യുക്തികളുണ്ട് അതിനപ്പുറം എന്താണ് ഊർജം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് അവർക്ക് ധാരണ അങ്ങനെ ഒന്നല്ല പിന്നെ അവര് പഴയകാലത്ത് പൊതുവെ പറയുന്ന എന്താണ് പഞ്ചഭൂത സിദ്ധാന്തം പൃഥിവി അപ്പ് തേജസ് വായു ആകാശം ഇത് തന്നെ ഒരു പരമാവദ്ധമാണ് ഹിമാചൽ പ്രദേശിലൊക്കെ ഗ്യാസ് വന്നിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതെ വിദേശത്തൊക്കെ ഇവിടെ ഐസ്ലാൻഡൊക്കെ അവിടെ ഇതേപോലെയുള്ള നീരൊറവകളുണ്ട് മനസ്സിലായോ അതേ ചൂടുവെള്ളം അത് തന്നെ ഈ സാധനം തന്നെ ചൂടുവെള്ളം വരുന്ന ഈ നീരുറവുകൾ ഐസ്ലാൻഡിനൊക്കെ അവര് അവിടേക്ക് അഗ്നിപർവ്വത പ്രവേശമാണ് പ്രദേശമാണ് അവിടെയുള്ള ഈ നീരുറവകളിൽ നിന്ന് വലിയ കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കി ഈ തടാകങ്ങളില് ഈ ടൂറിസ്റ്റുകൾക്ക് പൊളിക്കാനുള്ള സൗകര്യവും വെള്ളം പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് അവിടെ വേറെ കൃഷിയൊന്നുമില്ല അവര് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ സമ്പന്നമായി ജീവിക്കുന്നു ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ് എങ്ങനെ ഫാരി ടിവി യിൽ അല്ലേ ശരിക്കും ഞാൻ ശാജൻ സ്വാമി അവിടെ ആ കുഴിക്കൊണ്ടിട്ട് കുളിപ്പിച്ചതല്ലേ എന്നോടാണോ പറയുന്നത് അതല്ലേ ഞാൻ ഇതന്നെ പറയുന്നത് ഒരു ഈ ഐസ്ലാൻഡിലെ ജനങ്ങള് അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇത് ഇതാണ് ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമ്മളിവിടെ ഇതിന് ആരതി ഒഴിയുന്നു എത്ര മൂടന്മാരാണ് നോക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങള് അതന്നെ പറയുന്നത് നമ്മളെത്ര മൂടന്മാരാണെന്ന് സൾഫർ അടിയിൽ നിന്ന് പുറത്തു വന്ന് വായുമായിട്ട് സമ്പർക്കത്തി വരുമ്പം കത്തുന്നു ഈ സാധനത്തിന് ആരതി ഒഴിയുന്ന സനാതനധർമ്മമാണ് ഇവിടെയുള്ളത് അതേസമയം കൃഷി ചെയ്യാൻ പറ്റില്ല അവിടെ അവിടെ ഈ നമുക്ക് ടി വി കാണുന്നതാണ് അതായത് ഈ അഗ്നിപർവ്വതത്തിന് പുറത്തു വന്ന ലാവ കുറഞ്ഞു കിടക്കുന്ന കല്ലുകളാണ് ഈ കല്ലുകൾ വെച്ച് ലാവയെ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥലത്ത് ഇവര് എന്താണ് വലിയ കുളങ്ങൾ ഉണ്ടാക്കി അതിൽ കുളിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ഓരോന്ന് അമ്മ വെള്ളം അടിക്കും എന്തായാലും ഇത് അവിടുത്തെ ജനതയുടെ ഏറ്റവും വലിയ ടൂറിസത്തിന്റെ വരുമാന അപ്പൊ ഇത് ഇതിനെ അവതരിപ്പിച്ചുകൊണ്ട് സന്തോഷ് ജോർജ് ജോകുളങ്ങനെ പറയുന്നത് ഞാൻ കഴിച്ച കഴിഞ്ഞ ആഴ്ചയും കേട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ ഏ നമുക്ക് ഇത് വെച്ച് ഇഷ്ടം പോലെ പണം സമ്പാദിക്കാം പക്ഷെ എന്ത് ചെയ്യാം നമ്മളെ ഇന്ത്യക്കാർ വിശ്വാസികളാണ് അവിടെ എന്ത് ചെയ്യുന്നു ചന്ദനത്തിനത്തിന്ന് ഇത്ര മൂടന്മാരാണ് ഈ ജനങ്ങളെന്ന് ആലോചിച്ചു ഒരേ സംഭവം തന്നെ അതെ പാമ്പിനെ ആരാധിക്കുന്ന ഇതിൽ കൂടുതൽ വെട്ടിത്തോ ലോകത്തുണ്ടോ പാമ്പിനെ ആരാധിക്കാന്ന് പറയുന്നതിന് കൂടുതൽ പാമ്പ് ചൈനീസിനൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റ് വെച്ചിരിക്ക അതൊക്കെ ഈ സന്തോഷവും ഗുണങ്ങനെയുടെ ഇതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി കണ്ടാലും ഒന്നും മനസ്സിലാകത്തില്ല കാരണം അവിടെ പോയി കണ്ടായ്പോൾ ചെന്നിക്കും വിവരണം ഇല്ലല്ലോ ഇയാളാകുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടെ പറയും ഞാനത് കാണാറുണ്ട് എനിക്ക് എല്ലാ രാജ്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും പോകാൻ താല്പര്യം കാണിക്കാറ് ഇയാളിതെല്ലാം കാണിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിന്റെ ചരിത്രവും മറ്റ് കാര്യങ്ങളും അയാൾ ചെയ്തത് വലിയ ഉപകാരമാണ് അതുകൊണ്ട് ഒരു രാജ്യത്തു പോയി കാണാനുള്ള ആഗ്രഹമേ എനിക്കില്ല കാരണം പോയി കണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായ്പൊളിച്ചു കിടക്കും നമുക്കെന്ത് മനസ്സിലാവും കയ്യിലിരിക്കുന്ന കാശും പോവും മറ്റേ ഇയാൾ കൃത്യമായി പറയണെന്താണ് ചൈനയിലൊക്കെ ഈ എന്താണ് ഇതൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുന്നതും പാമ്പിന് ആ കായി സർവ്വകാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണിച്ചത് ഈ പാമ്പിനെ ആരാധിക്കുന്നതുപോലെ ഏറ്റവും വലിയൊരു വെഡിത്ത ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തുകൊണ്ട് വെഡ്ഡിത്തോ അതിനെ ആരാധിക്കുന്നു പഴയകാലത്ത് മനുഷ്യൻ കാട്ടില്ല ജീവിച്ചെന്ന് കടിച്ചാൽ ചത്തു പോവും മറു മരുന്നില്ല അപ്പൊ ഭയന്നു ഭയന്നിട്ടാകുമ്പോൾ വിചാരിച്ചു ഇതിനെ പൂവിച്ചു കഴിഞ്ഞാൽ കടിക്കില്ല ഇതാണ് ഇതിന്റെ പിന്നുള്ള യുക്തി ഇതാണ് ഇതിന്റെ ചാവുകളെ സാൾട്ട് വാട്ടർ പോയപ്പോഴത്തെ നമ്മളെ കാത്ത് ഭത് ൊങ്ങി അതാ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാകാൻ വഴിയില്ല കാരണം ആ ചാവട ഈ പറയുന്ന ഇതിലാണ് നടക്കണെങ്കി എല്ലാരും നടക്കുമല്ലോ പിന്നെ അത് തന്നെ അതിൽ കിടക്കുക എന്നെങ്കിലും ചെയ്യുവല്ലോ അപ്പൊ അതല്ല അത് അന്നത്തെ മനുഷ്യന്റെ കഥകൾ അത്ഭുതങ്ങൾ കഥകളുണ്ട് അത് തന്നെ അത് ഇവിടെ ഇപ്പൊ എത്ര പേര് കാണുന്നു നടന്നു പോകുന്ന കാണുന്നു എന്ന് പറയുന്നതേ ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അതിന്റെ രഹസ്യം മനസ്സിലായ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതിനുള്ള ചില നിങ്ങളുടെ ബ്രെയിനിൽ ചില പണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് കാണും കാണുന്നത് കൊണ്ടോ അത് ശരിയാവണോന്നൊന്നുമില്ല മനസിലായോ എന്തായാലും ഞാൻ കാണത്തില്ല കാരണം എന്റെ ബ്രെയിൻ അങ്ങനെയുള്ള ബ്രെയിൻ അല്ല മനസിലായോ ഞാൻ ഒരിക്കലും ഞാൻ പ്രാണായാമം പഠിക്കാൻ ഒരാളുടെ അടുത്ത് പോയി മനസിലായോ എനിക്ക് പതിനാറ് വയസ്സുള്ളത് അത് ഒരു സ്വാമിന്റെ അടുത്ത് സ്വാമി പ്രാണായാമത്തിന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് ഇത് പരിശീലിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ ഒരു മാസം പരിശീലിച്ചു ഒരു മാസം പരിശീലിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു ചെന്ന് എന്നോട് ചോദിച്ചു ഈ പ്രാണായ്മം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ശരീരത്തിന് കമ്പനം ഉണ്ടായോ നെറ്റി വേർത്തോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തിരിച്ചും മറിച്ച് ചോദിച്ച് ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമുണ്ടായി അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു എന്നാ പിന്നെ ഈ പ്രാണായാമത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ചോദിച്ചും ദിവസം ചെയ്ത തലക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ എന്തിനക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തിനോട് ചോദിച്ചാണ് രാമഭദ്രാനന്ദ സ്വാമി നിങ്ങളാരും കണ്ടിട്ട് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും വഴിയുള്ള ആളല്ല മണ്ണൂരാശ്രമുണ്ടല്ലോ അവിടത്തെ ആ സ്വാമിയുടെ ഒരു ശേഷി ഈ മണ്ണൂരൊക്കെ ആ സമയത്ത് പോകുന്നു എന്നാ ഈ മണ്ണൂരാശ്രമത്തിന് ഇന്നത്തെ കഴക്കൂട്ടത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഒരു ആശ്രമം ഞാൻ അവിടെ പോയി അവിടെ പിന്നെ അവിടെയാണ് എന്തോ തുറിയും പറഞ്ഞു വലിയ തുറയല്ല എന്തോ ഒരു തുറയുണ്ടോ കടക്കൂട്ടത്ത് ഒരു തുറയുണ്ട് പുറത്ത് അവിടെ അന്ന് നടന്ന വേണം പോവാൻ ഇന്നിപ്പോ അവിടെ ബസ്സുണ്ട് അപ്പൊ അവിടെയുള്ള ഒരു അച്ചായനന്റെ സുഹൃത്തായിരുന്നു അപ്പോ ഇദ്ദേഹം ഇതിനൊക്കെ വലിയ ഇന്ററസ്റ്റ് പുള്ളി ഒരു ബസ്സും എന്നോട് പറയും നമുക്ക് അവിടെ പോവാം സ്വാമിയുടെ അടുത്ത് പോവാൻ പ്രാണായാമം പഠിക്കാൻ പുള്ളി നേരത്തെ പഠിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഈ അച്ചാൻ്റെ കൂടെ ക്രിസ്ത്യനാണ് ഞാൻ അവിടെ പോയി പോയി ചെന്ന ദിവസം തന്നെ സ്വാമി പരിപാടിയൊക്കെ പറഞ്ഞു പിന്നോട് ഇത് തടയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ ഞാൻ വിശദമായി ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ചില അനുഭവങ്ങളെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടാവും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊ പ്രശ്നങ്ങൾ കാണും ഇപ്പോൾ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതിന്റെ ആവശ്യമാണ് ഇത്രയൊക്കെ മതി വേണമെങ്കിൽ ഇത് കുറച്ചൊന്നു ചെയ്ത് നല്ലതാണ് വേറെ പ്രതീക്ഷിത അത് ഒരു വലിയ ബൾബം തടയി തെളിഞ്ഞു അല്ല ഞാൻ എന്തിനാ ഈ കാര്യങ്ങളെ അല്ല ഞാനേ കണ്ടുള്ളു എന്ന് പറയുന്നു ഞാനപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഒന്നും അല്ല ഇന്ന് ഞാൻ ഇന്ന് ആരായനെ നിങ്ങളൊക്കെ എന്നെ കാണാൻ ടിക്കറ്റ് എടുത്ത് ിക്കറ്റ് എടുത്തു എന്റെ തളിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനായി പോയി ഇവിടെ ഇരുന്ന് ഇപ്പോഴും ഈ വയസ്സുകാലത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അത് വേറെ അത് ഈ ഭൈരവാല സ്വാമിയുടെ ആശ്രമം ഈ ആശ്രമത്തിന്റെ തൊട്ടടുത്ത് നിന്ന് രണ്ടും അടുത്തടുത്താണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം പോയി ഇവരെല്ലാം പോയി രാമേന്ദ്രനാഥൻ സ്വാമിയും ഞാൻ രാമോദര സ്വാമി കാണുമ്പോ അദ്ദേഹത്തിനൊരു എമ്പത് വയസ്സിന് മേളിൽ കാണും അത്രയും പ്രായമാണ് അവരൊക്കെ അന്നത്തെ ഒരു ഒന്നാന്തരം സിദ്ധവൈദ്യൻ പിന്നെ പല പല വിഷയങ്ങളിൽ അറിവുള്ളതാണ് ആ സമയം ഇതിലും അന്ന് രാമാനന്ദ സ്വാമി അന്ധൻ ആയ രാമാനന്ദ സ്വാമി അതിനെ കുറിച്ച് വേറെ ദിവസം പറയാം അന്തനായ രാമാനുസ്വാമി ഇങ്ങനെ സിദ്ധനായിട്ട് ആ അതിനെ കുറിച്ച് ഞാൻ പറയാം വേറൊരു ക്ലാസ്സിൽ പറയാം അത് ഒരു പ്രതിയെ പറയണ്ടൊരു വിഷയമാണ് ഈ പറഞ്ഞ കാര്യ അത് അടുത്തൊരു ക്ലാസ്സിൽ ആ ഞാനും പോയിട്ടുണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് ഒരു ദിവസം താമസിച്ചു അത് ഞാൻ വേറെ ദിവസം പറയാം അത് ആ സത്യത്തിന്റെ രഹസ്യം പറയുന്നുണ്ട് സയന്റിഫിക്ക് ആയിട്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് അതിന് കാര്യൊന്നുമില്ല ഇങ്ങനെയുള്ള കഥകൾ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് വട്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ ഉണ്ടായി കാണിക്കുന്ന സംഗതികളാണ് ഈ കഴിഞ്ഞാൽ എന്ത് ഓരോരുത്തരെ ബ്രെയിൻ ഓരോ തരത്തിലാണ് എന്റെ ബ്രെയിൻ ഉണ്ടാക്കുന്നത് വേറെ ബ്രെയിൻ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ളൂ ഹറികോന് അകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്തേ ഉള്ളൂ ആ നാഗാർജുനന്റെ അവിദ്യയെ കുറിച്ച് പറഞ്ഞു കൊണ്ടപ്പോഴാണ് അങ്ങോട്ട് പോയത് അപ്പൊ നാഗാർജുനൻ പറയുന്നത് സ്വഭാവം അല്ലെങ്കിൽ സത്താന്ന് പറയുന്ന ഒന്നുമില്ല പക്ഷെ ഓരോ ബസ് കാണുമ്പോഴും നമുക്ക് സത്തെന്ന് തോന്നുന്നു ഇതിനെ നമ്മൾ സത്തം എന്നറിയുന്നു ഇതാണ് അവിദ്യ മനസിലായ അപ്പോ ക്ഷണികമായ ഒന്നിനെ സത്തം എന്നറിയുന്ന അവിദ്യ പിന്നെ ക്ഷണികം എന്ന് പറഞ്ഞാൽ അത് ശൂന്യമാണ് അതാണ് ശൂന്യം അശൂന്യത്തെ അറിയാതിരിക്കുന്നത് അവിദ്യ അപ്പൊ അവിദ്യ രണ്ടു തരത്തിലുണ്ട് ഒന്ന് വിഭജയവും മറ്റൊന്നും അറിവില്ല ഇതാണ് ശങ്കരാചാര്യ മോഷിച്ചത് മനസ്സിലായ ശങ്കരായ അവിദ്യയെ രണ്ടാക്കി പറയും ഒന്ന് വിപരിയജ്ഞാനം മറ്റൊന്ന് അജ്ഞാനം ഇത് നാഗാർജുനന്റെ സാധനമാണ് മോഷ്ടിച്ചത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞാണ് ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേയുള്ളൂ അല്ല ഇത് അങ്ങനെ പറയാൻ കാരണപ്പോ ഇതൊക്കെ ശങ്കരാചാര്യ ദാർശനികതകളൊന്നുമുണ്ട് നാഗാർജുനും പറഞ്ഞു ശങ്കരാചാര്യം പറഞ്ഞു അത്രേയുള്ളു ഇതിന്റെയൊക്കെ പേറ്റന്റ് ശങ്കരാചാര്യ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ല ഇത് നാഗാർജുനാണ് പറഞ്ഞത് എങ്ങനെ വിദ്യ രണ്ടു തരത്തിലുണ്ട് ശൂന്യമായ ഒന്നിനെ സത്യയായി അറിയുന്നത് അവിദ്യ ശൂന്യത അറിയാതിരിക്കുന്നത് ശൂന്യത എന്ന് പറയുന്നത് എന്താണ് പ്രതീത്യസമുത്പാദം എന്ന് വെച്ചാൽ പലത് ചേർന്ന് നമുക്ക് ഒന്നും അനുഭവം ഉണ്ടാവും ഒന്ന അനുഭവം ഉണ്ടാവും ഇവിടെ എല്ലാം കൂടിച്ചേർന്നേ ഇരിക്കുന്നു അതാണ് ശൂന്യത അപ്പോ ഈ ഇരിക്കുന്ന എന്താണ് ഈ മേശ ഇത് പലതും കൂടിച്ചേർന്നിരിക്കുന്നു എന്നറിയുന്നതാണ് എന്നറിയുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ അതാണ് നിർവ്വാണം മനസിലായോ എന്തുവച്ചാൽ ഇത് തന്നെയാണ് സംസാരം ഇത് തന്നെയാണ് നിർവ്വാണം സംസാരം നിർവ്വാണം അങ്ങനെ രണ്ടെണ്ണം ഇല്ല സംസാരമൊന്നും നിർവ്വാണോന്നും രണ്ടില്ല സംസാരം തന്നെയാണ് എന്ത് നിർവ്വാണം അവിടെ ഒരു വ്യത്യാസവും എന്താണ് നമ്മൾ കാഴ്ചപ്പാട് മാറുന്നത് ഇത് സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരം ഇത് ശൂന്യമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നിർവ്വാണം സിമ്പിൾ സംഗതി സർവവും ശൂന്യമാണ് ഇതുപോലെ എന്നറിയുന്നതാണ് നിർവ്വാഹണം സർവ്വം സത്യമാണെന്ന് പറഞ്ഞാൽ അത് സംസാരം ചുരുക്കി പറയണം പിന്നീട് സന്ദർഭമായിട്ട് അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം അപ്പോ ഒരു സത്ത എന്ന് പറയുന്ന ഒന്നിനെയ് നാഗാർജുന അംഗീകരിക്കുന്നുണ്ട് അവിടെ വിചിച്ചിരിക്കുന്നത് എന്താണ് ശൂന്യതേ സത്തയായി പറയുന്നു ഇത് ഭാവതികാരൻ എവിടെ നിന്ന് കിട്ടി ഏഹ് ഭാവതികാരൻ ഭരത എഴുതി വയ്ക്കുന്നതാണ് ഇവരാതയാറ്റാണ് അങ്ങനെ പ്രയോഗം ആരേ ശൂന്യത എന്ന് പറയുന്നത് പ്രതീത്യസമുപാദം കൂടിച്ചേർന്ന കൂടിച്ചേർന്നിരിക്കുക അതാണ് ശൂന്യത ശൂന്യ സത്യായിട്ട് പാവതികാരം പറയുന്നത് ശൂന്യത സത്യമാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യ അത് തന്നെ പറയും എന്നാ ശൂന്യവാദി പറയുന്നത് എന്താണ് ശൂന്യത എന്ന് പറയുന്നത് സത്ത എന്ന് പറയുന്ന അങ്ങനെ ഒന്നില്ല ശൂന്യതയെ വേറെ വിപരീതം സത്ത ആത്മാവുമില്ല പ്രപഞ്ചമില്ല ഒന്നും തന്നെ സത്യ ശൂന്യതയെ ആ ശൂന്യതയെന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയും അത് ഉച്ഛേദവാദമല്ല മനസിലായ ഉച്ഛേദവാദം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം പോയി ഒരു ശൂന്യതയിൽ എത്തിച്ചേരുക നമ്മുടെ ഒരു സങ്കല്പം പ്രപഞ്ചത്തിൽ നമുക്ക് ശൂന്യതയെ സങ്കല്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ശൂന്യതയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നമുക്ക് അനുഭവപ്പെടുന്നത് ദ്രവ്യമാണ് ഈ ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജമായി മാറും ഊർജം തന്നെ കോണ്ടം ഊർജമായി മാറും അപ്പോ അവിടെ ചെന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ഊർജം മനുഷ്യ ഇന്നത്തെ മനുഷ്യന്റെ അന്വേഷണങ്ങൾ ചെന്ന് ചെന്ന് ചെന്ന് ചെന്ന് കോണ്ടം തലത്തി അവർ കാണുന്നത് എന്താണ് അവിടെ ഊർജത്തിന്റെ നാശവുമാണ് ഊർജത്തിന്റെ ഉത്പത്തിനാശങ്ങൾ അതാണ് കാണുന്നത് ഒരു സാമാന്യം മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങനെ പറയാം മനസ്സിലായ അപ്പോ അതിനപ്പുറം ഒരു ശൂന്യത അതില്ലാത്ത ഒരു മനുഷ്യനെ സങ്കല്പിക്കാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല നാഗാർജുനോട് ചോദിക്കുന്നു അങ്ങനെ ഒരു ശൂന്യതയെ സങ്കല്പിച്ചിട്ടുകൂടിയില്ല അങ്ങനെ ഒരു ശൂന്യതയെ പറയുന്നില്ല നാഗാർജുനം പറയുന്ന എന്താണ് സത്ത എന്നൊന്നില്ലെന്നാണ് സ്വഭാവവാദത്തെ നിഷേധിക്കുകയാണ് നാഗാർജുന സത്ത അങ്ങനെയൊന്നുമില്ല പിന്നെ ശൂന്യതയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രതി സമത്വം കൂടിച്ചേർന്നിരിക്കും ഇത് ഈ ഒരു തന്ത്രം അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിപ്പോ വേറെ വിഷയത്തിലേക്ക് പോകും ഇതേ ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ചാർവാകന്മാരടുത്ത് അതായത് ചർവാകന്റെതായ ഒരു ശാസ്ത്രം ഇന്ന് കിട്ടാനില്ല അങ്ങനെ ഒന്നില്ല പിന്നെ ചർവാകന്റെ ആശയം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതൊക്കെ എന്താണ് ഈ പുരാണങ്ങളിലും അവിടെ ഇവിടെയും ഓരോരുത്തരും കോട്ടിരിക്കുന്ന ഓരോ പദ്യങ്ങളാണ് ഈ പദ്യങ്ങളൊക്കെ ഇത് ചാർവാകൻ ഉണ്ടാക്കിയതാണോ അതോ ഈ എഴുതിയാളുണ്ടാക്കിയാണോന്ന് തന്നെ നമുക്കറിയാൻ പറ്റില്ല അത് എന്നെ പറയാൻ പറ്റില്ല അതെ അതെ അപ്പോ അതിന് വരുന്നൊരു പ്രത്യേകത ഈ ചാർവാകൻ പറയുന്നത് ഈ പറയുന്ന നാഗാർജുനും പറയും പോലെയാണ് ചാർവാകൻ പറയുന്നത് എന്താണ് ശൂന്യരെ കുറിച്ച് പറയുന്നില്ലെങ്കിലും കൂടിച്ചേരുന്നേ നിലനിൽക്കുന്നുള്ളു ആത്മാവെന്ന് പറയുന്നൊന്നില്ല അത് കൂടിച്ചേരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ആത്മാവ് ഈ പറയുന്നത് കൂടിച്ചേർന്ന് പ്രതിഭാസങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്നത് ശൂന്യവാദിയോടടുത്ത് നീക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പോ അങ്ങനെ വരുമ്പോ ചാർവാഹൻ അങ്ങനെ പറയുമ്പോൾ ചാർവാകൻ ഇത് പറഞ്ഞിട്ട് ആത്മാവിനെ നിഷേധിക്കുന്നു വേദത്തെ നിഷേധിക്കുന്നു വേദത്വം നിഷേധിച്ചു ഈ വൈദികന്മാരും കുതന്ത്രം പുരോഹിത്യ കുതന്ത്രം അവരെന്നു പറഞ്ഞു ഈ ചാർവാഹൻ അസാൻമാർഗീയമായി ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞു വരുത്തിയതാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് അവന് യാതൊരു സാന്മാർഗീയതയില്ല എന്നുകൊണ്ട് വേദത്തെ നിഷേധിച്ചോണ്ട് അവര് സാന്മാർഗിക എന്ന് പറഞ്ഞത് വേദത്തെയാണ് വേദത്തിലെ എന്താണ് കടം വാങ്ങിച്ചാണെങ്കിലും കണ്ണു കുടിക്കണം എന്ന് ചാർവാഹൻ പറഞ്ഞവരെ എഴുതി വെച്ചിരിക്കണം എന്തുകൊണ്ട് ചാറോവാകൻ വേദത്തെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാറവാകൻ എഴുതി ഒരു പുസ്തകം കാണിക്കട്ടെ ചരവാകായിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടായിരുന്ന നശിപ്പിച്ചു കളഞ്ഞ് ആ ഒരു വേദത്തെ ഒരു നിഷേധിച്ചോളൂ ആദ്യമുണ്ടായത് എന്നൊന്നും പറയാൻ പറ്റില്ല പ്രാചീനമൊന്നേ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവര് പറയുന്ന ബുദ്ധമതം ഇന്ത്യയില് വേറെ വേറെ അതെന്ന് പറഞ്ഞ വൈദികമായിട്ടുള്ള അംഗീകരിക്കാത്ത ബുദ്ധമതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നു കാരണം അത് പ്രചരിപ്പിക്കാൻ രാജാക്കന്മാരുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്തു ചെയ്തു ഈ പൗരോഹിത്യ കുതന്ത്രം ഉപയോഗിച്ചിട്ട് ഇവരെ നശിപ്പിച്ചു പൌരോഹിത്യ കുതന്ത്രം എന്ന് പറയുന്നത് ആർക്കും പിടികൊടുത്തില്ല മീൻ പിടിക്കും പോലെയാണ് ചാടിച്ചാടി ചാടിപ്പോകും മനസിലായ ഇന്നും നമ്മുടെ ഭാരതത്തില് ആധിപത്യം പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയം പോലും പൗരോഹിത്യ കുതന്ത്രമാണ് പിന്നിൽ അവര് ഗുന്തനെ പോലെ നിറം മാറി മാറി മാറി മാറിക്കൊണ്ടേ അതാണ് പൗരോഹിത്യ കുതന്ത്രം അത് ഇവിടെ മാത്രമല്ല ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എല്ലായിടത്തും ഈ പൌരോഹിത്യ കുതന്ത്രമാണ് ഇതിനെ അവരുടെ കീഴിലായിരിക്കും ഈ കുഞ്ഞാടുകൾ മുഴുവൻ അവരെ മറികടക്കാൻ പറ്റത്തില്ല അവർക്ക് അവര് അടിമകളാക്കില്ല അപ്പൊ ഇവിടുത്തെ ജനങ്ങളെയും ഈ പൗരോഹിത്യ കുതന്ത്രമാണ് അതിനുവേണ്ടി അവരെന്ത്പയോഗിക്കും ഇന്നിപ്പോ അവര് രാഷ്ട്രീയം ഉപയോഗിക്കും അതുകൊണ്ടാണ് ചാർവാഹനെ അസാന്മാർഗീയനായി ചിത്രീകരിച്ചത് പക്ഷെ ഈ ബൌദ്ധന്മാരെടുത്ത് അത് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നാഗാർജുന പോലെയുള്ള അതിപ്രഗത്ഭന്മാരായ ചിന്തകന്മാരുണ്ടായി അപ്പോ അവര് ഇവിടെ ഓടിച്ചെങ്കിലും അത് അവരിതൊക്കെ എടുത്തുകൊണ്ടൊന്ന് തിബറ്റിലും ചൈനയിലും ഒക്കെ ഓടിപ്പോയി അവിടെയൊക്കെ പോയിട്ട് അവരെന്ത് ചെയ്തു ഈ ആശയങ്ങളെ രേഖപ്പെടുത്തി വെച്ച് ഇന്ന് നാഗാർജുനന്റെ വ്യാഖ്യാനങ്ങളൊക്കെ തിബത്തിൽ ഭാഷയിലാവുള്ളത് സാധാരണ സ്വാധീനം എന്ന് പറയാൻ പറ്റിയില്ല അതങ്ങനെ പറയാൻ പറ്റിയില്ല പരസ്പരം പിന്നെ ഈ ബൌദ്ധന്മാരുടെ കാലത്ത് തന്നെ വളരെ പ്രസിദ്ധരായ ഒരു ചരവാ വിഭാഗം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ബുദ്ധന് മുമ്പ് അപ്പോ ചില കാര്യങ്ങളിൽ അവര് ഒരുപോലെ പറയുന്നു പക്ഷെ ഇവര് ഈ ശത്രുക്കളാകാൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരെ കഴിയുന്നത്ര മോശമാക്കുക എന്നുള്ളതാണ് ഈ പൗരോഹിത്യ കുതന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നേരിടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് കാരണം അവർ കുതന്ത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വേദ ഇതിഹാസ സ്മൃതി പുരാണം നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വലിയ അളവ് വരെ ഈ കുതന്ത്രമാണ് ഈ കുതന്ത്രം ബൈബിളെടുത്ത് നോക്കിയാലും കാണും ഖുറാൻ അതിന്റെ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും കാണാം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറയും നല്ല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ കുതന്ത്രത്തിലൂടെയാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നത് അവിടെയാണ് പ്രശ്നം ഇന്നും അങ്ങനെ തന്നെയാണ് എന്നുവെച്ചാൽ ഈ അതുകൂടെ പറഞ്ഞു ഇവരുടെ ഒരു ആശയത്തിന് നമുക്ക് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്രാഹ്മണ്യം എന്ന് വന്റെ ആശയം ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കാലം മാറുന്ന അനുസരിച്ച് ഓന്തിനെ പോലെ നിറം മാർക്കൊണ്ടേയിരിക്കും എന്ത് ഭേദഗതികള് വേണമെങ്കിലും എന്ത് വിട്ടുവീഴ്ചകൾ വേണമെങ്കിലും ഇതിൽ വരുത്തിയിട്ട് ഇവര് ഈ ബ്രാഹ്മണ്യത്തിന്റെ സൂപ്പർമെസി നില അതിനാ കീഴിലായിരിക്കും എല്ലാം അതാണ് ഇതിന്റെ ഒരു തന്ത്രം ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തില് ജന്മം കൊണ്ടാണ് ജാതി എന്ന് പറയുന്നത് അപ്പം ജന്മം കൊണ്ട് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പ്രശ്നം വന്നു സമൂഹമൊക്കെ വളർന്നു വളർന്നു വന്നു ഇപ്പോൾ മുസ്ലിങ്ങൾ വന്നു പിന്നെ ബ്രിട്ടീഷുകാർ വന്നു പിന്നെ സ്വതന്ത്ര രാജ്യമായി ജനങ്ങൾക്ക് മറ്റ് വിദ്യാഭ്യാസം കിട്ടി അപ്പം ജന്മം ജാതി എന്ന് പറയുന്ന ആശയം ജനങ്ങൾക്കില്ലാന്ന് മനസ്സിലായോ അവരതിനെ ടെസ്റ്റ് ചെയ്ത് എന്താക്കി കൊണ്ടല്ല ജാതി ുണവും കർമ്മവും കൊണ്ടാണെന്ന് ട്വിസ്റ്റ് ചെയ്തത് മനസ്സിലായ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അതാണ് ജാതി എന്ന് പറയുന്ന ഗുണവും ഭഗവീത അങ്ങനെയൊന്നും പറയുന്നില്ല പൊട്ടന്മാര് പറയുന്നേ ആ നിങ്ങളെ അങ്ങന പഠിപ്പിച്ചത് കാരണം നിങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ല അതുകൊണ്ട് നിങ്ങളെങ്ങനെ പഠിപ്പിക്കാം ഭഗവത്ഗീത പറയുന്നത് അങ്ങനല്ല അപ്പൊ ചോദിക്കും എനിക്ക് സംസ്കൃതം അറിയാമെന്നാണ് ഞാൻ എന്റെ സംസ്കൃതം വെച്ചോ പറയുന്നത് ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ച് സംസ്കൃതം അറിയാവുന്നുണ്ട് ആൾക്കാർ ആരൊക്കെ ശങ്കരാചാര്യ രാമായുരൊക്കെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇത് ജാതി അനുസരിച്ചുള്ള ഗുണകർമ്മങ്ങളെയാണ് പറയുന്നത് ജാതിയുടെ ഗുണകർമ്മങ്ങളെയാണ് പറയുന്നത് മനസ്സിലായോ ഗുണകർമ്മങ്ങളിലെ ജാതിയല്ല ജാതിയിലെ ഗുണകർമ്മം അതാണ് പറയുന്നത് ആ എന്നവര് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ജന്മം കൊണ്ടാണ് ഇത് കൃത്യമായി വ്യാഖ്യാനിച്ചുവെച്ചിട്ടുണ്ടാര് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ശങ്കരായോ രാമായുജനോ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർ അംഗീകരിക്കും ആഖ്യാനിക്കില്ല അപ്പോഴാണ് ബ്രാഹ്മണ്യ കുതന്ത്രം അവനെന്ത് ചെയ്തു അവന് പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കി അത് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് കേട്ടാ നോക്ക് പൊട്ടന്മാർക്ക് തോന്നിയും ചെയ്യും ഗുണകർമ്മ വിഭാഗം കേൾക്കുമ്പോ അതാണ് അതിന്റെ അടുത്തൊന്നും തോന്നും മനസ്സിലാവേ അവിടെയാണ് പ്രശ്നം അപ്പൊ മാറി അപ്പൊ ഇന്നും അവര് നിക്കുന്നു ും ആശയം നിലനിൽക്കുന്നുണ്ട് ജനങ്ങളെ ഈ ആശയം പറഞ്ഞിട്ട് വീണ്ടും അവരെ കീഴിൽ വയ്ക്കുകയാണ് അപ്പൊ അവരൊന്നുമൊണ്ടോ മഹത്വമാണെന്ന് പറയും അതാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് സത്തയെ നിരാകരിച്ച ശൂന്യമേ ഉള്ളൂ എന്ന് ശൂന്യവാദി നാഗാർജുനൻ ശൂന്യ സത്തയെന്ന് പറഞ്ഞു തിരിച്ചെഴുതി വച്ചിരിക്കുന്നു ഈ തലതിരിച്ചുള്ള എഴുത്താണ് വ്യാഖ്യാനമാണ് പലയിടത്തും കാണുന്നത് നാഗാർജുനന്റെ മൂലമാധ്യമികാരികൾ ഇന്നും കിട്ടുന്നതാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ കിട്ടുന്നതാണ് ആർക്ക് വായിച്ചു വയ്ക്കാനും മനസ്സിലാവും എന്താണ് നാഗാർജുനം പറഞ്ഞു സിമ്പിളായ വ്യാഖ്യാനങ്ങളാണ് കിട്ടും ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങൾ ആർക്ക് വായിച്ചാൽ മനസിലാക്കാം പിന്നെ ഇങ്ങനെ എഴുതി വെച്ചത് നമ്മ എന്ത് ശൂന്യസാണ് ചന്ദ്രായും വിളിച്ചടക്ക് ഉറപ്പുവരുന്നുണ്ടെ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഉറക്കം കുറയുന്നുകൊണ്ടാണ് പകരം ഉറക്കുന്നത് ഉറക്കം മതിയായി വരുമ്പോഴാണ് മതിയായ ഉറക്കം കിട്ടണം മതിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഭക്ഷണത്തിനൊരു ചിരിയായി തകരാറു വന്നു അത് എന്റെ ഉറക്കത്തെ ബാധിച്ചത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചാടി ചാടി എണീറ്റിരുന്നു ഉറക്കത്തെ ബാധിച്ച് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിന് വ്യത്യാസം വരുന്നു ഉറക്കത്തെ ബാധിച്ച് ചാടി എഴുന്നേറ്റ് വാങ്ങിയപ്പോൾ നമ്മുടെ മനോഹരനൊരു പഴം വാങ്ങിച്ചു കൊണ്ടുവന്നു ആ പഴം എടുത്ത് കങ്കഴിച്ച് രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ കുഴപ്പമുണ്ട് മതിയായ ഉറക്കം നമുക്ക് കിട്ടാതെ വന്നാൽ പകൽ ഉറക്കം വരും അതുകൊണ്ട് ഉറക്കത്തിനോട് മനസ്സിൽ പിടിക്കരുത് കഴിയുന്നത്ര ഉറങ്ങണം ഉറങ്ങാതിരുന്നാൽ എന്തെങ്കിലും പ്രത്യേക സിദ്ധി കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു കാരണവരാ അതൊക്കെ അബദ്ധമാണ് ഉറക്കം എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യുന്ന ഉറക്കത്തിന്റെ പ്രധാന ജോലി അതാണ് ബ്രെയിനിലെ ശുദ്ധീകരിക്കുന്നത് പണിയാണ് അവിടെ കിടക്കുന്നത് ഉറങ്ങിക്കിടക്കുന്നത് വലിയ വർക്കാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരുന്നുകഴിഞ്ഞാൽ ടോക്സിൻസ് എല്ലാം കൂടും എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ബ്രെയിന് വിശ്രമിച്ചേ അതുകൊണ്ടാണ് പകല് വരുമ്പം നമ്മൾ അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകും ബല്ലമായിട്ടത് വീണ്ടും അങ്ങോട്ട് പോവുകയാണ് നമ്മള് അത് തടയാൻ ശ്രമിക്കും ഉറക്കം കഴിഞ്ഞതിന് ശേഷമേ ബാക്കി എന്ത് കാര്യവും നമ്മളെ നേരെ തിരിച്ചാ പഠിപ്പിച്ചിരിക്കുന്നത് അതായത് ഉറക്കം കുറച്ച് അതിജീവിച്ച് മഹാന്മാരൊക്കെ എങ്ങനെയാണ് അല്ലാതെ ഏറ്റവും അസംബന്ധവും അശാസ്ത്രീയവും ആണ് ആ പറയുന്ന ആശയങ്ങളല്ല അൺസയന്റിഫിക്ക് അതാണ് ഓരോരുത്തർക്കും ഉറക്കത്തിന്റെ ആവശ്യം വ്യത്യസ്തമാണ് അത് അവരുടെ ഉറക്കത്തിന്റെ തീവ്രത അനുസരിച്ചാണ് അത് പ്രായവ്യത്യാസം കൊണ്ടും വ്യത്യാസം വരും എനിക്ക് ഇപ്പൊ ഉറക്കം കുറവാണ് കാരണം പ്രായം മാറിക്കഴിഞ്ഞപ്പോൾ പണ്ടൊക്കെ എനിക്ക് അതിഗാഠമായ ാഠമായ ഉറക്കം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറക്കത്തിൽ എല്ലാം എടുത്തുകൊണ്ട് പോയാലും പറ്റില്ല ഒരു സൈഡ് പോലെ ഒരു പൊക്കമാണ് കട്ടില് കിടക്കുന്നത് അച്ഛൻ വന്നിട്ടുണ്ട് രണ്ടു കാറിൽ പിടിച്ചൊരു ഒറ്റയറി ഞാൻ പോയി നിലത്ത് വീണിഞ്ഞാൽ വെറും തറയിൽ ഞാൻ അറിഞ്ഞില്ല ഉണർന്നില്ല രാവിലെ ഞാൻ അവിടെ കിടന്നുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ ഞാൻ രാവിലെ ഇത്രയും ദൂരം കിടക്കായിരുന്നു നോക്കി ഇവിടെയൊക്കെ മുഴച്ചിരിക്കും മനസിലായ അതിനുള്ള കുരുത്തങ്ങൾ ഞാൻ കാണിച്ചോണ്ടാണ് ദേഷ്യം പന്ത് ചെയ്തത് പക്ഷേ ഇത്രയും ശക്തമായിട്ടെടുത്ത് എറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല അത്രമാത്രം തീവ്രമായ ഉറക്കമാണ് യോഗയില് പക്ഷെ ഈ ഉറക്കം വേണ്ടതാണ് പക്ഷെ ആലസ്യം പാടില്ല ഒരു കൂടെ പറഞ്ഞ നിദ്രാലസ്യാദിനാശിനി എന്നാണ് ആലസ്യം നല്ലതല്ല ഇപ്പൊ ശരിയായി ഉറങ്ങാതിരുന്നുകഴിഞ്ഞാ ഈ ഈ കാണിക്കുന്ന ലക്ഷം കാണിക്കുന്നത് ആലസ്യമാണ് ആലസ്യം വരും അപ്പൊ ആലസ്യം നല്ലതല്ല ഉറക്കം വേണ്ട അത് ഇന്നത്തെ മനഃശാസ്ത്രവും ആരോഗ്യശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന അതാണ് ഉറക്കം വേണമെന്നാണ് ീതയിൽ പറയുന്നു അത് തന്നെയാണ് എന്താണ് ആ സ്വപ്നശീല ഉറക്കം കൃത്യമായിരിക്കണോ എന്നാ പറയുന്നു ഏഹ് ഉറക്കം കൃത്യമായിരിക്കണോന്നാ പറയുന്നത് ആഹാരം പ്രവൃത്തി ഉറക്കം എല്ലാം യുക്താഹാര വിഹാരം ആ എല്ലാം നമ്മള് സിസ്റ്റമാറ്റിക് ആയിരിക്കണം ഒന്നിനോട് മൽപിടുത്തം നടത്തണം എല്ലാം ഷെഡ്യൂൾഡ് ആയിരിക്കണം എല്ലാത്തിനും ഷെഡ്യൂൾ വരണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിഭ്രാന്തി ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ ശാരീരിക മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ചിലപ്പോൾ നമ്മളൊരു ആഭൂഷണമായി കൊണ്ടു കടക്കും അതൊക്കെ മാനസികമായും ശാരീരികമായ ആരോഗ്യ എന്തായാലും ഇതൊക്കെ ഉറങ്ങാമില്ല പൈസ ആവുമ്പോൾ ഉറക്കം കുറയും ഇപ്പൊ എന്റെ അവസ്ഥ എത്ര ഉറങ്ങിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രെയിൻ ഡേ ജനറേഷൻ സംഭവിക്കുമ്പോൾ ഉറക്കം കുറയും എനിക്കത് വലിയ അത്ഭുതമായിട്ട് ഇത്രയും ഗണമായി ഉറങ്ങിയ എനിക്കെങ്ങനെയാണ് ഈ ഉറക്കം കുറയുന്നത് ഇതെന്തോണ്ട് സംഭവിക്കുന്നു ഞാൻ പോയി ഡോക്ടറെ കണ്ടു സ്ലീപ്പിന്റെ സ്പെഷ്യൽ ഡോക്ടറെ കണ്ടു സ്ലിപ്പ് ടെസ്റ്റ് നടത്തി എല്ലാം നടത്തി വയ്ക്കുക അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് പ്രായവും ഡയബറ്റിക്കും കൊണ്ടുവരുന്നു വരുന്നു അത് വരും അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് വരും നമുക്ക് പലതും തനിയെ വന്ന് കിട്ടിക്കോളും നമ്മളായി ഒന്ന് ഉണ്ടാക്കി